നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വ്യക്തമായി ഓദിക്കേൾപ്പിക്കുമ്പോൾ സത്യനിഷേധികളുടെ മുഖത്ത് വെറുപ്പ് നീ കാണും നമ്മുടെ ദൃഷ്ടാന്തങ്ങളവർക്ക് ഓദിക്കേൾപ്പിക്കുന്നവരെ അവർ ആക്രമിക്കാൻ തുനിയുന്നു പറയുക അതിനേക്കാൾ മോശമായ ഒന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കറിയിക്കട്ടെയോ സത്യനിഷേധികൾക്ക് അള്ളാഹുസുബഹാനഹുവല വാഗ്ദാനം ചെയ്ത നരകം അതെത്ര മോശമായ മടക്കസ്ഥാനമാണ്